തീർച്ചയായും നിനക്കും നിനക്കുമുമ്പുള്ളവർക്കും ഇപ്രകാരം വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നീ അള്ളാഹു സുബാനഹുവ ആലേക്ക് പങ്കു ചേർത്താൽ നിന്റെ കർമ്മങ്ങൾ തീർച്ചയായും വ്യർത്ഥമാവുകയും നീ നഷ്ടം സംഭവിച്ചവരിൽ പെടുകയും ചെയ്യും